is chukte hain log is tarah ke sehte hain jee ke se ക്രീഡയ കൃഷി സൻ സൃഷ്ടിരൂപയ സൃഷ്ടിരൂപയം ഈശ്വരത്തിലെ ക്രീഡ ഇതെല്ലാം സത്യം വരുന്ന സൃഷ്ടി അപ്പൊ അങ്ങനെ ലീല എന്ന് പറയുമ്പോഴേക്കാളും സൃഷ്ടി ആനന്ദിക്കുന്നു വ്യക്തം പൂർണ്ണമായും ആനന്ദിക്കുന്നു സൃഷ്ടികൾക്ക് സൃഷ്ടി അനായാസം ഈശ്വരനെ സംബന്ധിച്ച് സൃഷ്ടി ഭാര്യ ചെന്നിക്കുന്നുണ്ട് വ്യക്ത സ്പഷ്ടം എന്നതാണ് ഇതിലെ അവിടെ ആനന്ദത്തിനൊന്നും കുറവില്ല എന്ന് പറയുമ്പോൾ അനായാസം ഒരായാസം സൃഷ്ടിക്കുന്ന ഈശ്വർ അപ്പോ അവിടെ കർഷമുണ്ടോട് കൃഷിത്വം ഋഷി കേസത്വം ഈശത്വം ദേവത്വം ജാസ്ഫുടം അതാണ് ഋഷി കേസത്വം ഈശത്വം എന്ന് പറയുന്നത് എന്താണ് ദേവത്വം ഇപ്പോ ചുരുക്കത്തിന് ഋഷീദ്ധം എന്ന് പറഞ്ഞാൽ ആണെന്നോ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം രണ്ടു കൂടി ചേരുമ്പോ ഋഷിക നല്ല ദൈവത്വന്റെ അസ്വീശ്വര ദേവത്വം സ്ഫുടമാണ് ഈശത്വം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ഐശ്വര്യമുള്ള അഭികാരിതയ ജുഷ്ടോ എന്നതിനെ കു പറയും സൃഷ്ടിക്കുന്നതിന് ഈശ്വരന്റെ വീര്യമാണ് എന്നാൽ ഈശ്വരന് ഒരു തരത്തിലുള്ള വികാരം സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അവികാരിതയ ിയോ ദുഷ്ടനാണ് വിഷപ്രീതി സേവനയോ ദുഷ്ടനാണ് നേരത്തെ പറഞ്ഞത് തനിൽ രാജ്യത്തിനുള്ള ഗതാഗത സംഭവിക്കാതെ ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നു അതാണ് ഈ ഷീകൻ എന്ന് പറയുന്നത് ഈശ്വര ടീച്ചർ എന്ന് പറഞ്ഞാൽ ഈശ്വര സ്വാതന്ത്ര്യ യോഗയിൽ സ്വാതന്ത്ര്യോഗം സ്വാതന്ത്ര്യുക്തനാണ് ഈശ്വരൻ ഈശ്വരനുള്ള സ്വാതന്ത്ര്യമല്ല സ്ഥിതി സംഹാരം തുടങ്ങിയെല്ലാം പ്രവർത്തിക്കുന്നു ഇങ്ങനെ സ്വാതന്ത്ര്യങ്ങളോട് ഈശ്വര അപ്പോൾ തുഷ്ടിയുള്ളതുകൊണ്ട് ഷീകനായി സ്വാതന്ത്ര്യമുള്ള പോലെ ഈശ്വനായി ഇങ്ങനെ ഐശ്വര്യവീര്യരൂപത്തും ഷീകേശത്തും യും ഐശ്വര്യം സൃഷ്ടിക്കുന്നു ഇത് രണ്ടും ചേർന്ന് വിഷയം ഇതെല്ലാം സമൃദ്ധി പറയുന്നതാണ് അശ്രിതോർ മന്ത്രി അച്യുത അച്യുതനെ കുറിച്ച് പറയും രണ്ടു തരം അശ്രിതന്മാർ ഒരു തരത്തിലുള്ള അച്യുതി സംഭവിക്കുന്നില്ല നാശം ഒരു തരത്തിലും നാശം സംഭവിക്കുന്നില്ല അതുകൊണ്ട് അച്യുതൻ അസ്യനാസ്തി അങ്ങനെയും പറയാതാണ് സ്വയം ഒരു നാശവും അച്യുതൻ അച്യുത ശുചിരസ്യ സാഹചര്യ നിരക്തി അങ്ങനെയാണ് അർത്ഥം പറയാം ആ സന്മാരെ എപ്പോഴും എന്താണ് സംരക്ഷിക്കുന്നവനാണ് ചുങ്ങുന്നതോ എന്ന് പറയുന്ന കുരാതീന്നോ പ്രേരണ അതിനൊരിക്കലും കാരണക്കാരനാകും അസന്മാരുടെ നാശത്തിന് ഭഗവാൻ കാരണക്കാരനാകുന്നില്ല എന്ന് വഴി സ്വയം നാശമില്ലാത്ത കാച്ചിന് നിൽക്കുന്നു ഒരു അർത്ഥം അങ്ങനെയാണ് അങ്ങനെയും പറയാം രണ്ട് ചോദിക്കുമല്ലോ ആശ്രയിക്കുന്നവരുടെ നാശത്തിനൊരു ഈശ്വരൻ കാരണമല്ല ആശ്രയിക്കുന്നവർക്ക് നാശം വരുന്നെങ്കിൽ അവന്റെ കർമ്മഫലം ഈശ്വരനൊരിക്കലും അവന് കാരണമുണ്ട് അങ്ങനെയൊക്കെ മനസ്സിലാക്കാം ഇത് വേറെ അർത്ഥം ജ്ഞാനശസ്റ്റി ഐശ്വര്യ കേസാമി സ്വസങ്കൽപ്പ ജഗൂതയ ഗീതാലയ ലീലം പരാവര നിഖിതജനം അനന്ത ആന്തര ബാഹ്യകർ സർവകാരശ്രിതയാസാരവസ്ഥി അവസ്ഥിതീകേശതയാ കർണ സർവപ്രകാര നിയമന അവസ്ഥിതരഥ യോഗ്യമാത്ര നിയമനം കീർത്തിന എന്ന് പറഞ്ഞിങ്ങനെ ഒരു അർത്ഥം പറഞ്ഞ സർവകർമ്മരുടെയും കർമ്മങ്ങളെ സർവപ്രകാര നിയമനെ നിയമനം ചെയ്യുന്നവന് സർവരുടെയും കർമ്മങ്ങളെ സർവപ്രകാരത്തിനും നിയമനം ചെയ്യുന്ന നിയന്ത്രിക്കുന്നവനാണ് അങ്ങനെ സ്ത്രീ അർജുന കൃഷ്ണിന്നെല്ലാം പറഞ്ഞ ആശയം പറയ അങ്ങനെ സർവത്തെ നിയമനം ചെയ്യുന്നവരുവന രഥ യുഗ്യമാത്ര നിയമനം കുതിരത്തിൽ കട്ടിയിരിക്കുന്ന ആ കുതിരകളെ നിയന്ത്രിക്കുന്നതാണോ വലിയ കാര്യം അതെന്തിരിക്കും സർവേരെ നിയന്ത്രിക്കുന്നവനോ രഥത്തിൽ കത്തിയിരിക്കുന്നു കുതിരകളെ നിയന്ത്രിക്കുന്നതിനാ പറയു മാത്രം നേടെ അർബുദന്റെ നേരാളിയായി അത്രയേ ചെയ്യാനുള്ളത് കുതിരകളെ നിയന്ത്രിക്കുക നിരീക്ഷ ഞാനിവിടെ ഒന്ന് കാണട്ടെ ഇത്തരം ഉപസർഗാർഥ യഥാവത് അപേക്ഷ സ്നേഹിക്കുന്നതാണ് നിരീക്ഷണ നിര എന്ന് പറയുന്ന ഉപസർഗത്തിന്റെ അർത്ഥമാണ് ആ പറഞ്ഞത് അതിന്റെ വിശദമായ അർത്ഥങ്ങൾ കണ്ടെത്തുകയും ഭാഷത്തിൽ പറഞ്ഞ വിധാപക നിരു വീക്ഷും നിരുടെ അർത്ഥം വേണ്ട രീതിയിൽ കാണുന്നതിന് യാവശ്യത്വത്ര സാഹചര്യം പൂർണ്ണമായും കാണുന്നതിന് ശരിയായി കാണുന്ന സാഹചര്യം പോകുന്നതാണ് നിരീക്ഷണകാല അവധിയുമായിട്ട് നിരീക്ഷണത്തിന് ഭവിഷ്യത്വമാരീക്ഷണകാല അവധി എന്ന് പറഞ്ഞു ഞാൻ കാണുന്നത് ഏതുവരെയാണോ അതുവരെ വൃത്തിയാണ് അത് എന്താ തുടങ്ങി അപ്പോൾ ഇപ്പോൾ രഥത്ത് കൊണ്ട് നിർത്തേണ്ടത് അതാണ് നിരീക്ഷണകാലാവധി എനിക്കൊന്ന് നിരീക്ഷിക്കണം അതുവരെ പക്ഷേ രഥം പിന്നെ അങ്ങനെയല്ല ആ നിരീക്ഷണം കഴിഞ്ഞ് അർജുനന്റെ സംഘ സങ്കടങ്ങളെല്ലാം അങ്ങനെ മറുപടിയെല്ലാം പറയുന്നു ദിവസ സമയം മണിക്കൂറുകളോളം പിന്നെ അവിടെ നിർത്തി യവത് പുരാതി ഭാവിട്ട് ഭാവി വർത്തമാനത്തിൽ നിന്നാണ് വർത്തമാനട്ട് പക്ഷെ ഭാവിയിൽ വരുന്ന ഭാവിയിലും അതാണ് വ്യാപകമെന്നുള്ള ശബ്ദത്തിന്റെ യോഗത്തിൽ ഭാവി എടുക്കുന്നു നിരീക്ഷണത്തിൽ ഭവിഷ്യത്ത് ഞാൻ ഒന്ന് കാണട്ടെ എന്ന് വെച്ചാൽ ഇനി ഭാവിയിലൊക്കെ പറഞ്ഞു കാണുന്നു എന്നില്ല കാണട്ടെ എന്ന് പറഞ്ഞാൽ ഇനി ആരൊക്കെയാണ് അവിടെ നിൽക്കുന്നതെന്നൊന്ന് കാണട്ടെ കാണാൻ പുരാശബ്ദത്തിന്റെ യോഗത്തിലും വ്യാപശബ്ദത്തിന്റെ യോഗത്തിലും ലട്ട് പ്രയോഗിച്ച അതിന് ഭവിഷ്യത്തും പാണി എന്തൊക്കെ പോയി കണ്ടുപിടിക്കുന്നു എന്നുള്ള പഞ്ചതിമാരെ ഇതുപോലെ ഒരുപാടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു സ്തുതിയിലെന്ന് പറയും സർവശാസ്ത്രങ്ങൾ സദാസമയം മനസ്സിൽ വിളങ്ങുന്നതാണ് എന്നാണ് വാസ്തവ അങ്ങനെ ഇതേ കാര്യങ്ങൾ പറയും ഇന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞു കടന്നു കടന്നു പറഞ്ഞു നോക്കുമ്പോൾ വലിയ ആവശ്യമില്ലാത്ത അതെന്താ പറഞ്ഞു ഇതായ താഴെ പറയും ഈ മഹാഭാരതത്തിന്റെ ഒരു പ്രധാന ആശയം വലിയ കാര്യം ഉണ്ടല്ലപ്പെടുകയാണ് അവിടെ തന്നെ പ്രാഗോ ദേഷാം വിധിതത്തേഴി സംരംഭാദി വിശേഷത സുരേന്ദ്ര ുചിത സാമ്പദായിക വ്യാപാര സുതരിയായ യഥാ ദർശന വികാരി ആ പക്ഷി സാധാരണ വ്യാഖ്യാനങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം അർജുന അറിയാത്ത ആരും ഇല്ല ഇന്ത്യനാണിത് അങ്ങോട്ട് കൊണ്ട് നിർത്താൻ പറഞ്ഞത് അർജുന അറിയാമല്ലോ എല്ലാവരും പിന്നെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുന്നത് എന്താണ് ഭീഷ്മുത്തിനോടാ കണ്ടിട്ടില്ല ഇതൊരു സംശയ പലരും നീ അത് ഇദ്ദേഹത്തിന് സമാ ശരിയാണ് പ്രാഗൈവ തേശാം വിദുദ്ധത്വമുണ്ട് എല്ലാരും നേരത്തെ അറിയാം ഇതിൽ ഇട്ടുകൊണ്ട് നോക്കുകയാണ് അർജുന വിശേഷിച്ചു സംരംഭ അതേ വിശേഷ ദർശന ഇപ്പോഴത്തെ ഈ തയ്യാറെടുപ്പുകളൊക്കെ ഒന്ന് കാരണം യുദ്ധത്തിന്റെ ആവശ്യം അതാണ് ഇവരെയൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു യുദ്ധമാണ് ആര് ഇവിടെ നിൽക്കുന്നു അതറിഞ്ഞല്ലേ അവർ യുദ്ധം ചെയ്യാൻ പറ്റും വെറുതെ ഒന്ന് കാണാൻ പറഞ്ഞാൽ സംരംഭം എന്ന് വെച്ചാൽ തയ്യാറെടുപ്പ് ഇപ്പോഴത്തെ തയ്യാറെടുപ്പുകളുടെ പ്രത്യേകത എന്തൊക്കെയാണെന്നറിയില്ല എന്ന് വെച്ചാൽ അങ്ങോട്ടും അങ്ങോട്ട് നിർത്താൻ പറയില്ല അത് ശരിയാണ് സാമ്പദായിക വ്യാപാര സൗകര്യ അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നത് കാരണം ഓരോരുത്തർക്കും ഭീഷ്മര് ദ്രോണന് കർണൻ ഇങ്ങനെയുള്ള മഹാരജന്മാർക്ക് അവരോട് ഉള്ള സാമ്പദായിക വ്യാപാര സൗകര്യം സാമ്പദായിക വ്യാപാരം എന്ന് പറഞ്ഞാൽ എന്താണ് യുദ്ധം വേണ്ടി സമ്പരായോധ പരിലോകം സമ്പരായം അർദ്ധതീതി സമ്പരാകം എന്ന് പറഞ്ഞാൽ യുദ്ധം അതാകുന്ന വ്യാപാരം അതാണ് സമ്പരായിക വ്യാപാരം യുദ്ധം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ ഭാഷാപ്രയോഗങ്ങൾ നോക്കും അതിനു വേണ്ടിയിട്ടാണ് യുദ്ധത്തിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് എവിടെ നിന്ന് ആർക്കു നേരെ അമ്പയ്യണം ഇതൊക്കെ ഒന്ന് തീരുമാനിക്കും അപ്പോൾ അത് സാധാരണയായി നമ്മൾ ചെയ്യുന്നത് ഭഗവാനല്ല അർജുനാണ് അപ്പൊ ഭഗവാനോട് പറയുകയും എല്ലാവരും ശരിയെന്ന് കാണിച്ച് ഇവിടെ നിന്നാണ് പ്രയോഗങ്ങൾ നടത്തേണ്ടതെന്ന് നിനക്ക് മനസ്സിലാക്കുന്നു യഥാവിധ ഒരു അതുകൊണ്ടാണ് ഇവിടെ യഥാമെന്ന് അപ്പൊ അത് പല ലക്ഷ്യങ്ങളുണ്ട് അപ്പൊ എന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന അർജുന ഓരോ തരത്തിലുള്ള തളർച്ചയും ഇല്ല ഇപ്പൊ ഒറ്റ ഇതേയുള്ളൂ യുദ്ധ തന്ത്രത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധസന്നാഹത്തിന് വേണ്ടിയിട്ടാണ് എവിടെയെങ്കിലും ആരെയും ആരോടൊക്കെ എങ്ങനെ പരിക്കണമെന്നൊന്ന് മനസിലാക്കാൻ വേണ്ടിട്ട് പൊസിഷൻ ഒന്നുറപ്പിക്കാൻ വേണ്ടിയിട്ട് ടത്ത് പറയുന്നത് സേനയോരഭയോ മധ്യസ്ഥ അഭിപ്രായം പറയുന്നുണ്ട് ഇവർ ഓരോരുത്തരെയും പ്രത്യേകിച്ച് കണ്ട് കാണാൻ പറ്റിയ സ്ഥലസ്ഥാനത്തോട് അവരെയൊക്കെ കാണത്തക്ക രീതി അവിടെ നിന്ന് വേണം പിന്നെ തീരുമാനിക്കേണ്ട ആരോടെ എങ്ങനെ യുദ്ധം ചെയ്യും തന്റെ പൊസിഷൻ അവരുടെ പൊസിഷൻ അറിഞ്ഞാലേ തന്റെ പൊസിഷൻ തീരുമാനിക്കാൻ പറ്റും അതായത് ഇതെല്ലാം യുദ്ധ സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പറയുന്ന സാമ്പരായിതം എന്ന് പറയും ദൃശ്യവായ ഉപന്നം സ്വർഗദ്വാനം പാവിതം സുഖനക്ഷത്രിയ പാർത്ഥ അല്ല ബന്ധ എന്താ ഈ ആധുനിക വ്യാഖ്യാതാക്കളെയൊക്കെ ആകത്ത് ആശയ പ്രവർത്തനുന്ന ഭാഗമായിട്ടുണ്ട് നീലെ എന്താണ് പറയുന്നത് സ്വർഗത്തിലേക്ക് കയറാനുള്ള ഒരു വഴിയാണ് യുദ്ധം എന്ന് പറയുന്നത് സ്വർഗത്വം അപാമൃതം സ്വർഗദ്വൻ തുറന്ന സ്വർഗദ്വാരമാണ് യുദ്ധം എന്ന് പറയുന്നത് ഏറ്റവും സുതരമായ കാര്യം അഹിംസാവാദിയായ മഹാത്മാഗാന്ധി വരെ ഇത് വ്യാഖ്യാനിച്ചു എന്താ വ്യാഖ്യാനിച്ചതെന്ന് മഹാത്മാഗാന്ധിക്ക് പോലും ഇതുവരെ പിടി കിട്ടിയിട്ടില്ല കാരണം യുദ്ധം അഹിംസയുതമായിട്ട് എങ്ങനെ യോജിപ്പിക്കും നീതി പറയുന്ന ഇതുകൊണ്ടാണ് ഇനി ഉപദേശിച്ചു ഭഗവാന്റെ ഉപദേശി ഭഗവാൻ തന്നെ പറയുന്നു മഹാഭാരതത്തിലെ തുടക്കം ഏതെല്ലാം യുദ്ധസന്ദർഭങ്ങളുണ്ടോ അവിടെയെല്ലാം പറയുന്ന ഒരു കാര്യമാണ് ധർമ്മയുദ്ധം എന്ന് പറയുന്നതിന് മഹാഭാരതത്തിന് വ്യക്തമായി പറയുന്ന ഒരു അർത്ഥമുള്ളതാണ് യുദ്ധത്തിന് ധർമ്മം വേണമെന്നുണ്ടാകും യുദ്ധത്തിന്റെ ധർമ്മം വേണമെന്നുള്ള കാര്യം രണ്ടുപേരും കൂടെ എഴുതി ഒപ്പിടുന്നുണ്ട് പാണ്ഡവന്മാരും കൗരവന്മാരും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഭീകരയിലേക്ക് ും അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധ നിയമങ്ങളുണ്ട് ആ യുദ്ധ നിയമങ്ങളിൽ ലംഘിച്ച യുദ്ധക്കുറ്റവാളിയാണ് അതുകൊണ്ടാണ് പൊട്ടിനെ യുദ്ധക്കുറ്റവാളിയെ വിധിച്ചിരിക്കുന്നത് അറസ്റ്റ് ചെയ്യാം പക്ഷെ ആരസ്റ്റ് ചെയ്യും പൂച്ചയ്ക്കാർ മണി കിട്ടും പണ്ടുകൊണ്ട് നിയമങ്ങൾ അപ്പൊ ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാൽ ധർമാർത്ഥമുള്ള ഒരു യുദ്ധം എന്ന് പറയുന്നത് കാരണം ആ നീ ആരും പാലിക്കാറില്ല മഹാകാല യുദ്ധത്തിനൊന്നും പാലിച്ചു ധർമാർത്ഥം എന്ന് വെച്ചാൽ ധർമ്മം എന്ന് വെച്ചാൽ പുണ്യം എന്നുള്ള അർത്ഥമാണ് പുണ്യത്തിന് വേണ്ടിയാണ് യുദ്ധം അതാണ് ഇങ്ങനെ പറയുന്നത് സാമ്പരായി യുദ്ധം പുണ്യത്തിന് വേണ്ടിയാകുന്നത് ഇങ്ങനെ അതാണ് ധർമ്മയുദ്ധത്തിന്റെ മഹാഭാഗ്യത്വത്തിൽ പ്രധാനമായ അർത്ഥം യുദ്ധത്തിനായി പുല്യത്തിന് കാരണമായിട്ട് ഭീഷ്മൊരു ലോണ് ഇതിലൊരു ദുര്യോധനൻ യുദ്ധത്തിലേർപ്പെടുന്ന എല്ലാവരും അവരവരുടെ സൈന്യങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ് എന്താണ് നമ്മൾ യുദ്ധം ചെയ്ത് മരിക്കുക മരിക്കുന്നതാണ് പൊതു അതുകൊണ്ടെന്താ യുദ്ധത്തിന്റെ മരിച്ചാൽ സ്വർഗത്തോടും അപ്പൊ യുദ്ധം ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യമായി ഭീഷ്മരും ദ്രോണെല്ലാം പറയും യുദ്ധം ചെയ്യുന്നതിന്റെ ലക്ഷ്യം മരിക്കുക യുദ്ധത്തിൽ കൊല്ലുകൾ മരിക്കുക കൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് ചത്തുപോയാൽ സ്വർഗത്തുകൂടും ഇപ്പൊ രണ്ടു കൂട്ടർക്ക് സംബന്ധമുള്ള ധർമ്മത്തിന്റെ പക്ഷത്തേക്കുന്നവരായാലും ശരി അധർമ്മത്തിന്റെ പക്ഷത്തിരിക്കുന്നവരായാലും രണ്ടു കൂട്ടരെ യുദ്ധത്തെ കാണുന്നത് ധർമാർത്ഥമാണ് എന്നുവെച്ചാൽ പുണ്യത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം പുണ്യത്തിന് വേണ്ടി അതുകൊണ്ടാണ് ഇന്നും നമ്മുടെ പട്ടാളക്കാരൊക്കെ അതിർത്തിയിലൂടെയും വെച്ച് കഴിഞ്ഞേണ്ടവർ വീരസർഗ്ഗം പഴയതിന്റെ ഒരു അനുരാണി പണ്ട് മഹാഭാരത പറഞ്ഞിരിക്കുന്നത് അപ്പൊ തോക്കുന്നത് പ്രശ്നമാണ് യുദ്ധത്തിൽ എന്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നുള്ളത് പ്രശ്നമല്ല അത് നീതിക്ക് വേണ്ടിയാണോ ന്യായത്തിന് വേണ്ടിയിട്ടാണോ ധർമ്മത്തിന് വേണ്ടിയിട്ടാണോ അതൊന്നും പ്രശ്നമില്ല നമ്മൾ യുദ്ധത്തിലേർപ്പെടുക ആ യുദ്ധത്തിൽ മരിക്കുക അത് പുണ്യത്തിന് വേണ്ടിയാണ് സ്വർഗ്ഗത്തിലെത്തിച്ചേരുന്നത് അതുകൊണ്ട് എന്താണ് നീതിക്ക് വേണ്ടി യുദ്ധം ചെയ്തവരും അനീതിക്ക് വേണ്ടി യുദ്ധം ചെയ്തവരും അനീതിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനും സ്വർഗത്തിൽ ചെരുദ്ധം ചെയ്തവരും കാണും പാണ്ഡവന്മാരെത്തിച്ചേരുന്നതിന് മുമ്പ് കൗരവന്മാരെല്ലാം സ്വർഗത്തിൽ എത്തിച്ചേരുന്ന എല്ലാവരും ദുര്യോധന അവനൊന്നുകൂടെ പറയും ക്ഷത്രിയന്റെ സ്വധർമ്മമാണ് അതുകൊണ്ട് അവൻ മരിക്കുന്നതുവരെ തിരിച്ചു പിന്തിരിയാൻ പാടില്ല മരിച്ചാൽ സ്വപ്നം അതോ ആ പ്രാപ് സ്വപ്നം ഇത് മഹാഭാരതത്തിൻ്റെ സന്ദേശമാണ് അതാണ് ഗീതജാലത്ത് കടന്നു വരുന്ന മഹാഭാരതമായിട്ട് ബന്ധമില്ലാത്തവർക്കും അവരാശയം ഉറപ്പുണ്ടാക്കുന്നു ഇതും തൈ പറയും കാരണം ഇതേ രീതിയിൽ തന്നെ നിച്ചു പറയും സമശത്രുവിക്രയുക എന്ന് പറയുന്നത് ഈ തന്നെയാണ് ശത്രുവിനോടും ഇത്തരത്തിലൂടെ സമഭാവന എന്ന് പറഞ്ഞിട്ട് ശത്രുവിന കൊന്നിട്ട് സ്വയം മരിച്ച് സ്വർഗത്ത് പോകണമെന്നൊക്കെ പറയുന്ന പരസ്പരത്തിൽ അപ്പൊ കൊന്നിട്ട് മറ്റൊരു കൊന്നിട്ട് അല്ലെങ്കിൽ കൊല്ലുന്നതിനുള്ള ശ്രമത്തിനുണ്ടാക്കി മരിച്ച സ്വർഗത്തിൽ പോകാം പറയുന്നത് An I them mm -hmm. ും പഴയ കാലത്ത് ഒരു ഇത് തന്നെയാണ് മറ്റേ കിതാബിനും ഉള്ളത് ഏതിൻ്റെ അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യം റിസർച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ രണ്ടിന്റെ മുന്നേ രണ്ട് ആരോഗ്യ പഠനം യൂണിവേഴ്സിറ്റി നടത്തും ഈ രണ്ട് ഗ്രന്ഥങ്ങളും അവിടെയതും ജിഹാദെന്ന് പറയും ഇവിടെ എന്ന് പറയും ധർമ്മ ഇത് രണ്ടിടത്തും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ് കൊല്ലുക മരിച്ചാൽ ഇവിടെ പോവാ സ്വപ്ന അവര് പറയുന്നത് ഹോറികളൊക്കെ തോന്നും മഹാഭാരതത്തിനും വ്യക്തമായി പറയും അവിടെ പോയാൽ ഹോറികളെ കിട്ടും ആര് ഞെട്ടൻ രണ്ടിലും ഒരേ കാര്യം തന്നെ കാലത്തിന്റെ മനുഷ്യന്റെ ചിന്തകൾ ഇതിലൊക്കെ എന്തെങ്കിലും മേന്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കാലത്ത് ഇങ്ങനെ മാർക്കറ്റില്ല ഇന്ന് ഇത് കൊണ്ടു കിടക്കുന്നതാണ് എത്ര ദോഷം ഇന്നിട്ടൊന്നും ഇല്ല മാർക്കറ്റിൽ ഉണ്ടാകാൻ പാടില്ല കൊന്നിട്ട് ശ്രദ്ധത്തിൽ പോവുക മരിച്ചിട്ട് ശ്രദ്ധത്തിൽ പോവുക പറയുന്നത് അവരുടെ പ്രാകൃതമായ ചിന്തകളാണ് അത് മോശം സന്ദേശങ്ങളെന്ന് പറയും ന് പ്രോത്സാഹനം കൊടുക്കുന്ന കാര്യമാണ് ഇത് ഒരുതരത്ത് പറയുന്നതല്ല ഒരു വാക്കിപ്പോലും അങ്ങ് വന്നു നിരന്തരം മഹാഭാരതത്തിൽ പറയുന്ന കാര്യം മരിച്ചു ശബ്ദം പോവുക ക്ഷത്രിയൻ അങ്ങനെയാണ് പോകേണ്ടത് വിഭവ പുരുഷവും ലോക രണ്ട് പുരുഷന്മാരെ അവിടെ ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നവർ ഒന്ന് പരിവ്രാട്ട് സന്യാസി പരിഭ്രാജകനും പഴയ ജില്ലയൻസിൽ ഉപാസന ചെയ്യുന്നവനും പോകുന്നത് വിനാരാണു സമ്പത്തിൽ പോകുന്നതിന് സൂര്യമണ്ഡലത്തെ ഭേദിച്ചു പോ വീരയുദ്ധം മഹാഭാരത്തിൽ പറയുന്നത് ഇവരെ ഉപയോഗിച്ച യുദ്ധത്തിൽ നിങ്ങൾ യുദ്ധത്തിൽ പോയി ജയിച്ച് രാജ്യം വെച്ചാൽ പോകത്തില്ല ഇതേപാടാണ് പിന്നെ പോണമെന്ന് ഉണ്ടെങ്കിൽ എന്ത് വരും എന്തു വേണം പാണ്ഡവന്മാർ പോയതുപോലെ ഇങ്ങനെ നടന്ന് നടന്ന് നടന്ന് വെള്ളം കിട്ടാതെ വഴിയിലൊക്കെ മരിച്ചു വീണ് അങ്ങനെ അവസാനിക്കട്ടു അല്ല നേരെ സൂര്യമുണ്ടനൊക്കെ ജയിക്കുന്നു എന്തുവേണം ദുര്യോധനം ചെയ്തുപോലെ അടി കൊണ്ടും മരിക്കും ഇത് മഹാഭാരതത്തിന്റെ സന്ദേശമാണ് ഓരോ ജോലി ഉണ്ടായിരുന്നു മഹാഭാരതത്തിന്റെ സന്ദേശം എന്താണ് ഇതും യുദ്ധത്തിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കും വളരെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഒരാശയം പറഞ്ഞിട്ടാണ് ക്ഷത്രി മരിച്ച സർവ്വം ഇതെന്തോ വലിയ കാര്യങ്ങളെന്ന് പറയും ആൾക്കാരും പറയുന്നുണ്ട് മഹാഭാരതം വായിക്കാറുണ്ട് പിന്നെ ഈ ധർമാധർമ്മങ്ങളുടെ കാര്യം പറയും ധർമാധർമ്മങ്ങൾ അവിടെ തീരുമാനിക്കാൻ പറ്റും വലിയ പ്രയാസം കാരണം മഹാഭാരതത്തിൽ ഏതൊരു വ്യക്തിയും ധർമ്മിഷ്ഠനായിട്ടും പറയും അധർമ്മിഷ്ഠനായിട്ടും രണ്ടും പറയും എന്താ ഒരു കുടുംബത്തിനകത്ത് സഹോദരന്മാരും തമ്മിൽ നടന്ന ഒരു വഴക്കാണ് ഒരു കുടുംബത്തിന് സഹോദരന്മാർ തമ്മിൽ അടുത്തിട്ട് കൂടിക്കഴിഞ്ഞാണ് കുടുംബത്തിൽ തീരുടെ ഇവിടെ പറയുന്നു ഭാരത കണ്ടത്തിടെ മുഴുവൻ രാജാക്കന്മാരും വന്ന് തമ്മിലടിച്ച് ചേർത്ത് ഇത്രയും മനുതായി മാറി ഇതിലെവിടെ ധർമ്മം സർവനാശം ഉണ്ടാക്കി ധർമ്മം ജയിച്ച ഇത് യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ചോദി ധർമ്മം ജയിച്ചെവിടെയാണ് ഇതുകൊണ്ട് ആർക്കെന്ത് നേട്ടമുണ്ടായി അപ്പിന്ന ഇതിലെവിടെയാണ് ധർമ്മം തന്നത് ആരാണ് മോശം മഹാഭാരതത്തിലെ ഏറ്റവും മോശമായൊരു കഥാപാത്രമാണ് ശബരി ഗുരുവേനെ അമ്മാലോചനയുടെ പ്രധാന നേതാവാണ് അതേ ജോലി എന്ന് പോയി ദുര്യോധന കൂടി ചെയ്തു നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം പകുതിരാജ്യം ധർമ്മപുത്ര കൊടുത്തിട്ട് ഈ പരിപാടികളെല്ലാം അവസാനിപ്പിക്കാം സ്വസ്ഥമായി കഴിയാം ഒരു പരിപാടിയും വേണ്ടി ഏറ്റവും മോശമായ ആളും മൂലം നല്ല രീതിയിൽ ചിന്തിക്കും ഇത് മഹാഭാരതത്തിൽ ഉള്ളതാണ് വായിക്കുന്നത് അതന്നെ ഞാൻ പറയുന്നു ഇതെല്ലാം ഉണ്ടെന്നാണ് മഹാഭാരത്യുള്ള കാര്യം ഞാൻ പറയുന്നു ഇല്ലാത്ത കാര്യം അതൊരു കഥ ഈ കഥയ്ക്കകത്ത് പലതും കൂടനീതികളുണ്ട് ഒരു കഥാപാത്രം തന്നെ ദുഷ്ടനും ശിഷ്ടനുമാകും ഇതെല്ലാം ഉണ്ട് കഥയ്ക്കകത്തെന്താ വളരെ ഇന്നത്തെ കഥകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സിനിമാ കഥകളൊക്കെ എടുത്തുകഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് ഒരു നായകൻ ഒരു വില്ലൻ വില്ലൻ മഹാമാശ് നായകൻ എന്ത് ചെയ്യുന്നു അവസാന മില്ല കൊല്ലുന്നു നായകൻ നന്മ നട മഹാഭാരത്യ അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളിലും നന്മയുണ്ട് നിന്മയുണ്ട് ഇന്നത്തെ രീതിയിൽ ഒരു കഥ എന്നുള്ളതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഉണ്ടാകും അത് എല്ലാം ഉണ്ട് നന്മയുണ്ട് നിന്മയുണ്ട് നല്ല കാര്യങ്ങളും പറയുന്നുണ്ട് മോശം കാര്യങ്ങളും പറയുന്നുണ്ട് ഒരു കഥയെന്നുള്ള രീതിൽ വളരെ വായിച്ച് രസിക്കാൻ പറ്റും ആ കഥയുടെ എന്താണ് വിചിത്രമായ കോപ്പികളും ആകസ്മികതകളും ഒരു ത്രില്ലർ നോവല് പോലെ നോക്കി ഞാൻ വായിച്ച് രസിക്കാം അത്രയുള്ള പിന്നെ എന്താണ് ഓരോ പർവങ്ങളിലും ചാതു കുറഞ്ഞു ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു അത് അതിൻ്റെ സന്ദേശമായിട്ടുള്ള അതിന്റെ ഭാഗമാണെങ്കിൽ പറയുന്നത് ക്ഷത്രിയൻ മരിക്കണം സ്വർഗത്തോണമെന്നൊക്കെ പറയുന്നു സതുപദേശങ്ങളുണ്ട് അതില്ലാതെ ഇല്ല വിഷ്ണുവിന് മറ്റുപയോഗിക്കുന്നു ഉപദേശിക്കുന്നുണ്ട് നീതിയെ കുറിച്ചൊക്കെ ഒരുപാട് ഉപദേശിക്കുന്നുണ്ട് വിതരണ ഉപദേശിക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം വന്നു വന്ന അവസാനം ഇവിടെ ചെന്നൈ ചെയ്യുന്നു അപ്പോൾ വർണ്ണവ്യവസ്ഥയിലെ നീതികളെ കുറിച്ചാണ് പറയുന്നത് മനുഷ്യനീതിയെ കുറിച്ചല്ല പറയുന്നത് അതാണ് ഏറ്റവും വലിയവരെ ബ്രാഹ്മണന്റെ നീതി ക്ഷത്രിയന്റെ നീതി വൈശ്യന്റെ നീതി ശൂദന്റെ നീതി ഇങ്ങനെ പിന്നെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റും ചില സാമാന്യ ധർമ്മങ്ങളുണ്ട് അത്രേറ്റവും വ്യാഖ്യതാക്കൾ എന്താണ് ധരിതരാഷ്ട്രം മഹാമോശം മഹാഭാരതെന്നു പറയും അങ്ങേറ്റം നല്ലവനായും അങ്ങേറ്റം മോശമായും രണ്ടും കാണിയും ധർമ്മപുത്ര വളരെ സന്തോഷത്തോടു കൂടി ദുരിതരാഷ്ട്രനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നു അപ്പോഴും ദൃഢരാഷ്ട്രം ഒരു പ്രശ്നമില്ല രാജാവായി ധർമ്മപുട്ടൻ പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് വരുന്നു അപ്പോ ധീതരാഷ്ട്രം നല്ലവനോ അവരെ കൊല്ലണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ കുറച്ച് മുമ്പോട്ട് ചെയ്യുന്നു പൌഡവന്മാരെല്ലാവരും കൂടി ചേർന്ന് നല്ലവണ്ണം രാജ്യം ഭരിക്കുന്നു ഭീമനും അർജുൻ ഒക്കെ പോയി അയൽരാജ്യങ്ങളെ ആക്രമിക്കുന്നു ഒരുപാട് സമ്പത്ത് കൊണ്ടുവരുന്നു രാജ്യം മലതാകുന്നു ഇതെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ തന്റെ മക്കൾക്ക് അതിന് യാതൊരു റോളും ദുര്യോധനൻ ഭരണൻ ഇവരേതെങ്കിലും കാര്യങ്ങൾ ചെയ്യണം അവരഞ്ചു പേര് കൂടിക്കണം അപ്പോഴാണ് ദുരിത ഒരു സങ്കടം വരുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മക്കളുടെ അവസ്ഥ ഉണ്ടാവും അവര് ഇദ്ധം അവർക്ക് ഖ്യാതി ഇത് തന്നെ ഗൃഹരാഷ്ട്രം പറയുന്നു പാണ്ഡവന്മാർക്ക് ഖ്യമാണ് അവരിതൊക്കെ ചെയ്യുന്നുണ്ട് എന്റെ മക്കളെ ഇപ്പൊ ആരും അറിയുന്നില്ല അപ്പം ഇതൊക്കെ ഏതൊരു പിതാവും ചിന്തിക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് തന്റെ ഒരു മന്ത്രിയുണ്ട് കണക്കൻ ഒരുപാട് മന്ത്രിമാരുണ്ട് അയാളെ വിളിച്ചിട്ട് ചോദിക്കുന്നു ഈ സന്ദർഭത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇവരെ കൂടെ നിർത്തണം അതോ ഇവരെ അകറ്റി നിർത്തണം ആരെ പാണ്ഡവന്മാർ അയാളുടെ ഒരു നീണ്ട ഉപദേശം അപ്പോ അയാൾ ഉപദേശിച്ചു കൊടുക്കുന്ന എന്താണ് കാണിക തന്ത്രം അല്ലെങ്കിൽ മറ്റ് വില്ലിയൻ പൊളിറ്റിക്കൽ സയൻസ് കേട്ടിട്ടുണ്ട് ഇതൊക്കെ അങ്ങോട്ട് ഉപദേശിച്ചു കൊടുക്കുമ്പോഴാണ് ധൃതരാഷ്ട്ര മനസ്സെന്ന് മാറുന്നത് ൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ജയിച്ചിരുന്നവരാണ് ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്നറിയപ്പെടുന്ന ചാണക്യനെ കെട്ടിട്ടുണ്ട് ചാണക്യൻ അർത്ഥശാസ്ത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ കുതന്ത്രത്തിന്റെ ആശന മറ്റയാളും അതിലാണ് ഇവർ രണ്ടുപേരും പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ഭരണാധികാരി സാധാരണ ജനങ്ങളുടെ മുമ്പിൽ അവൻ ഏറ്റവും നല്ലവനായിരുന്നു ചോദിച്ച പൊതുജനത്തിന്റെ കണ്ണിൽ മണ്ണെടുക്ക ഇവരുടെ തന്ത്രങ്ങളാണ് ഏറ്റവും നല്ലവനായിരുന്നു പക്ഷേ ഇവൻ ഭരണതലം ചെയ്യണം ചെയ്യണം നിക എന്ത് കൊടുത്ത ചെയ്യണം ഭരണം നിലനിർത്താൻ വേണ്ടി പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യണം ഏറ്റവും മഹാനായി അവനാണെങ്കിൽ നല്ല ഭരണകർത്താവ് ഇങ്ങനെയുള്ള ആശയങ്ങൾ അതിനുവേണ്ടി കണകനുകൾ പറഞ്ഞൊരു കഥ ഞാൻ ശരിക്കും പൂർണ്ണമായും ഓർമ്മിക്കുന്നില്ലെന്നാൽ ഓർമ്മിക്കും പോലെ പറയാം ദുരിതരാഷ്ട്രം ഉപദേശി കൊടുക്കുന്നതാണ് മന്ത്രി ഒരു വർഷങ്ങൾ കേട്ടില്ല ഒരു കാട്ടില് ഒരു കുറുക്കൻ ഒരു കീരി ഒരു ചെന്നായി ഒരു എലി ഒരു പുലി ഇത്തരത്തിൽ ഒരു വലിയ സുഹൃത്തുക്കളായിരുന്നു ഈ കഥയിൽ എന്താ മനസ്സിലാക്കുന്നതെന്ന് വേറെല്ലാവരും കൂടെ നോക്കിയപ്പോ ആ കാട്ടിലൊരു വലിയ മാനം തടിച്ചു പോയത് ആരോഗ്യമുള്ള മാനം ഇവർക്കെല്ലാം വിചാരിച്ചു ഇതിനെ തിന്നണം പക്ഷെ ഇതിനെ തിന്നാൻ അത്ര എളുപ്പമാണ് ഇവന് ആരോഗ്യങ്ങളെ തിന്നാ അപ്പോ കുറുക്കനാണ് ബുദ്ധിമാൻ ഈ കുറുക്കനപ്പം ഒരായിരിക്കും നല്ല രാജാവെന്നാണ് കുർക്കൻ പറഞ്ഞു കൊടുത്ത് എനിയെടുത്ത് പറഞ്ഞു നീ ഒരു കാര്യം ഇവൻ ഉറ ഉച്ചു നല്ല ഉറക്കമാണ് ഭക്ഷണം കഴിച്ചത് ഒരു ബോധമില്ലാത്ത സമയത്ത് നീ പോയി എന്തു ചെയ്യണം അവന്റെ കുളം അത് പെട്ടെന്ന് ഉണരത്തില്ല എന്നിട്ട് ഓടിപ്പോ എ പോയി കാട മാനെഴുന്നേറ്റപ്പോൾ അതിനെഴുന്നേറ്റി ഓടാൻ വേണ്ടി ഓട ഓടുകയാണല്ലോ മാനിൻ്റെ ബലം പുലി എന്നും അതിനെ പിടിച്ച് നമുക്കിനി ഭക്ഷിക്കാം അപ്പോൾ കുറുക്കൻ പറഞ്ഞു നമുക്ക് ഭക്ഷിക്കാം പക്ഷെ ഒരു കാര്യം ചെയ്യണം നല്ല വിശിഷ്ടമായൊരു ഇറച്ചിയാണ് നമ്മൾ പട്ടിക്കുമ്പോൾ പൊളിച്ചും വൃത്തിയായിട്ട് കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും കുളിക്കാൻ പോവാം ആ വഞ്ച മഹാഭാരതത്തിൽ അത് തന്നെ വഞ്ചി ഇപ്പൊ എന്തു ചെയ്തു പോയി കൊടുക്കം പോയില്ല കുറുക്കം എവിടെ തന്നെയായിരുന്നു പോയിട്ട് ആദ്യം ഇടുന്ന പുലിയാണ് ഭക്ഷണം കഴിക്കാനുള്ള ആവേശത്തി ഇത് പുറകം വിഷമിച്ചിരിക്കുന്ന എന്താ കാര്യം അതാ എലി എന്നോടൊന്ന് പറഞ്ഞു ഈ നാട്ടിലെ ഏറ്റവും വലിയ ശക്തനാണ് കാട്ടിൻ്റെ ശക്തനാണ് ഈ പുലി അവന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇപ്പം എന്റെ സഹായം വേണം ഈ നിസ്സാരനായ എൻ്റെ അതൊന്ന് ഞാൻ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെക്കുറിച്ച് ഇത്രയും മോശമായൊരു അഭിപ്രായം പറഞ്ഞല്ലോ അവൻ പുലിക്കൊപ്പം വായിച്ച ആഹാ അവന്റെ സഹായത്തോടു കൂടിയാണോ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് ഇത് വേണ്ട പുലി കളഞ്ഞിട്ട് പോയി എലി വന്നു എലിയെടുത്ത് പറഞ്ഞു സംഗതിയോ ശരിയായിരുന്നു പക്ഷെ പുലി കടിച്ച അത് വിഷം കളും തിന്നുകഴിഞ്ഞാൽ പ്രശ്നമാവും അതുകൊണ്ട് ഞാൻ തിന്നാൻ വിളയിക്കാണ് എനിക്കിത് വേണ്ട ഒരു പറഞ്ഞു ചെന്നാൽ എനിക്കും വേണ്ട പുലിയും എലിയും പോയി ചെന്നായി വന്നപ്പോൾ ചെന്നായെടുത്ത് പറഞ്ഞു പുലി ഇവിടെ വന്നിട്ട് പോയി പുലി പറഞ്ഞത് പോയി ഭാര്യയും കൂട്ടി വരാം അവർക്ക് ചെന്നായ മാംസത്തിനോട് വലിയ ആഗ്രഹമാണ് അവൻ വരുമ്പോൾ അവനെ പിടിച്ചു കൊടുക്കാം ഇത് കേട്ടപ്പോ ചെന്നായി ഓടി പിന്നെ അടുത്ത് വരുന്ന ഒരാളെ ഒരാളാണ് കീരി കീരി വന്നപ്പോ കീരി എടുത്തു പറഞ്ഞു എല്ലാവരും ഇവിടെ ഭക്ഷണത്തിന് വന്നു ഞാൻ ഒറ്റയ്ക്ക് എല്ലാവരെയും യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി നിനക്ക് പറ്റും എന്നോട് ഒന്ന് ഫൈറ്റ് ചെയ്യുന്നു കീരി പറഞ്ഞു കേട്ടപാടെ കീരി ഓടിയവൻ എല്ലാവരെയും പരാജയപ്പെടുത്തി ഇവനെ പരാജയപ്പെടും കുറുക്കവിടെയിരുന്നു എന്തെയ്തു സമാധാനമായിട്ടും മൊത്തം തിന്നും ഇതുപോലായിരിക്കണം രാജാവ് ഇതിന കൂടതന്ത്രം എന്ന് പറയും തന്ത്രങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും ശത്രുക്കളെല്ലാം ഒതുക്കണം മിത്രങ്ങളിൽ ഒതുക്കണം കുറുക്കനെ ആരെങ്കിലും മോശമായി കണ്ടില്ല കുറുക്ക എല്ലാവരുടെയും രക്ഷകനായിട്ടാണ് ഇരിക്കുന്നത് എല്ലാവരെയും രക്ഷിച്ചയാളാണ് സർവരക്ഷകനായി കുറക്കുന്നു ഇതുപോലെ ഇരിക്കുന്ന രാജാവ് എന്നാ നീ ഒറ്റ രാജാവ് എപ്പോഴും നന്മ നിറഞ്ഞവനായിരിക്കും എല്ലാവരും ഇപ്പോൾ നല്ലവനായിരിക്കും പക്ഷെ കൂടതന്ത്രങ്ങളിലൂടെയായിരിക്കും പ്രജകളെ കൈകാര്യം ഇതൊക്കെ പറഞ്ഞു പറഞ്ഞ് ദൃതരാഷ്ട്ര മനസ്സുമായിട്ടപ്പോഴാണ് ധൃതരാഷ്ട്രം ചിന്തിക്കുന്നത് അപ്പോഴാണ് വിശ്വാസനും ദുര്യോധനും കർണനും അമ്മാവനായ സവിനിയുടെ കൂടെ ഒരു പ്ലാനുമായിരിക്കും ജതുഗ്രഹം മരക്കില്ലത്തിന്റെ പ്ലാൻ ഇവരെ നമുക്ക് അപ്പോ അതിന് സമ്മതം പറയുകയാണ് അപ്പോ മുമ്പ് എങ്ങനെയായിരുന്നു പിന്നീട് എങ്ങനെ മാറി ഉപദേശം കൊണ്ട് അപ്പോൾ ഈ നല്ല മനുഷ്യർ ഒക്കെ ഇങ്ങനെയുള്ള മോശം ആൾക്കാരെ അടുത്ത് വന്നിരുന്ന് ചെവി കടിച്ചു കഴിഞ്ഞാൽ അവരും എന്തു ചെയ്യും അറിയാതെ മാറിപ്പോ ഇതിനുള്ളൊരു ദോഷം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും മഹാഭാരതത്തിന്റെ ഒരു സന്ദേശമാണ് ഇത്തരം അതൊന്നും എന്താണ് അതൊക്കെ അന്ന് വിജയി ആ കാലഘട്ടത്തിൽ അതൊക്കെ വിജയിച്ച് ഇന്നിതൊക്കെ വിജയിച്ചാലും വരാനില്ല കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അന്ന് സാമാന്യജനങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല ഈ ബുദ്ധിമാന്മാര് ഇങ്ങനെയുള്ള രാജാക്കന്മാരി ഇങ്ങനെ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഈ തന്ത്രങ്ങൾ അവർക്കെ മനസ്സിലാവും സാമാന്യ ജനത്തിനൊന്നും മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് പൊതുജനങ്ങളുടെ ഉള്ളിൽ നല്ലവനായിരിക്കണം കാരണം പൊതുജനങ്ങൾക്ക് ഇങ്ങനെ തന്ത്രം അറിയത്തില്ല പൊതുജനങ്ങൾ തന്ത്രം അറിയുന്ന കാലം വന്നാലോ എന്താണ് അവരനുസരിച്ച് അതുകൊണ്ട് ഇതൊക്കെ രാജഭരണകാലത്തെ ഇത്തരം തന്ത്രങ്ങളൊക്കെ വിജയിക്കത്തോ ചാണക്യതന്ത്രം ജനാധിപത്യം വരുന്ന എന്തുന്നു ഭരണം മാറി മാറി വരുന്നത് ഇങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം ജനവും എന്ത് ചെയ്യും അത് തിരിച്ചറിഞ്ഞ് പുറത്തു വരും അപ്പം അവരെടുത്ത് കളയും പുതിയ ആൾക്കാർ വരും കുറച്ചു കാലം ഇരുന്ന് അവരും ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവരെയും കളയും കാരണം ഇന്ന് വിദ്യാഭ്യാസം ഉണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തരുന്ന കാലത്താണ് ഇത്തരം തന്ത്രങ്ങൾ തക്കിയ എന്ന് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്താണ് തക്കിയൊരു അറബ് പോകണം യുദ്ധത്തിലെ എന്ത് ചതിയും കാണിക്കാമെന്നുള്ളതാണ് ഇത് ഹദീസുകൾ പറയുന്ന ഇസ്ലാമിക സാഹിത്യം യുദ്ധം എന്ന് വെച്ചാൽ ചതിയാണ് ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യണം അതൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോ ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം അപ്പൊ അവിടെ എന്താണ് ധാർമ്മികതയുടെ ഒരു സ്ഥാനത്തുണ്ട് ചതി ധർമ്മഭാവത്തിന്റെ അപ്പോ ഒരു ഭാവം പറയുന്ന എന്താണ് യുദ്ധത്തിൽ നീതി വേണം വേറൊരു ഭാവം പറയുന്ന എന്താണ് അവളെ തക്കിയാവും സ്ലാമി സാഹിത്യത്തിൽ വായിച്ചു അത് ഏത് യുദ്ധത്തിനും രാഷ്ട്രീയ യുദ്ധത്തിലാകാമെന്ന് പറയുന്നവരാണ് അപ്പൊ ഇത് ഇതും വിജയിക്കുന്ന എവിടെ സാമാന്യ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തടത്ത് ഇതൊക്കെ വിജയിക്കുന്നു ജനങ്ങൾക്ക് ബോധം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും വിജയിക്കുന്നില്ല ഇതേ തക്കി തന്നെ നമ്മൾ മഹാഭാരത യുദ്ധത്തിന് എന്താണ് എന്ത് ചെയ്യുന്നു മഹാരഥന്മാരെ കൊല്ലം ഉപയോഗിക്കുന്നു തക്കുകയാണ് ഭീഷ്മനെ കൊന്നെങ്ങനെ ദ്രോണനെ കൊന്നെങ്ങനെ കർണനെ കൊന്നെങ്ങനെ എല്ലായിടത്തും എന്തിനത് പ്രയോഗിക്കുന്നു ജയിക്കാനത് ചെയ്യാം എന്നുള്ളതാണ് അത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പറയാം അതൊക്കെ മോശമാണ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അതൊക്കെ ചക്കരയാണ് നല്ലതാണ് അപ്പൊ അവിടെ എന്താണ് ധാർമ്മിക മൂല്യമില്ല ജയിക്കാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നു അതെല്ലാം എങ്ങോട്ട് ജയിക്കുന്നു ഇതൊന്നും സാമാന്യ ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ശേഷി ഇല്ലാത്ത കാലത്താണ് ഇതൊക്കെ വിജയിച്ചത് ഇന്ന് പ്രയോഗിക്കുന്നില്ല എന്നുള്ള എൻ്റെ അടുത്ത് സമൂഹം തിരിച്ചറിയും വിമർശിക്കപ്പെടും എന്ന് പറയുന്നത് അതാണ് സാന്ദർഭികമായത് പറഞ്ഞൊന്നും അതല്ല മഹാഭാരതത്തിന്റെ സന്ദേശീ ഇതൊന്നും ഇതൊന്നും മഹാഭാരതത്തിലുണ്ട് പക്ഷെ ഇതൊന്നും ഇന്ന് സന്ദേശമായിട്ട് എടുക്കാൻ പാടില്ല ഇന്നത്തെ സമൂഹം മാറി ചിന്തിക്കുന്ന സമൂഹം എന്ന കാര്യം പറ്റിക്കാൻ പറ്റില്ല ബുദ്ധിമാനാണ് എനിക്ക് ബുദ്ധിയുണ്ട് അതുകൊണ്ട് വേറെ തന്നെ പറ്റിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് അവനും ബുദ്ധിയുണ്ട് അവനത് തിരിച്ചറിയും പക്ഷെ ചിലപ്പോൾ കാരണം താമസിച്ചു പക്ഷെ തിരിച്ചറിഞ്ഞാൽ പിന്നെ തനിക്ക് നിലനിറ്റുണ്ടാകും പണ്ടങ്ങനെയാണ് ചുരുക്കം പേർക്ക് കാരണം വിദ്യാഭ്യാസമുള്ളവനെ ബുദ്ധിയുള്ളു വിദ്യാഭ്യാസമുണ്ടെങ്കിൽ ബുദ്ധിയില്ല ഇതാണ് കാലത്തിന്റെ വ്യത്യാസം അപ്പോൾ ഇന്നത്തെ സാമാന്യ ജനങ്ങളെ അവര ചതിക്കുന്നുണ്ട് പക്ഷെ ചതിയവർ തിരിച്ചറിയുന്നുണ്ട് അതാണ് എന്റെ വ്യത്യാസം പിന്നെ എന്തുകൊണ്ട് തുടരുന്നു കാരണം ചതിക്കാത്തവരായി ആരുമില്ല അതുകൊണ്ടാണ് ഓരോരുത്തൻ ചതിച്ചു ഇത് തിരിച്ചറിഞ്ഞി അടുത്തവന് വീണ്ടും അതേ നിലയിൽ രണ്ടു ഭാഗമായിട്ടും ഇങ്ങനെ നടക്കുന്നു അപ്പോ ഇത് പിന്നെ നല്ല ഉപദേശങ്ങളുണ്ട് ഒരുപാട് ഉപദേശങ്ങൾ എന്താണ് അഹിംസയെ കുറിച്ച് പറയും ഇന്ത്യയെക്കുറിച്ച് പറയും ശാന്തിയെ കുറിച്ച് പറയും ഇതുവന്നെ ഉണ്ട് ഇതെല്ലാം ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് പ്രശ്നം മൂല്യങ്ങളെക്കുറിച്ച് മാത്രം ഉപദേശിക്കുക നല്ല കാര്യമാണ് പക്ഷെ കൂടെ തന്ത്രങ്ങളൊന്നും ഉപദേശിച്ചുകഴിഞ്ഞാൽ അതിലൂടെയും ജയിക്കാമെന്ന് മനുഷ്യന്റെ വാസന അനുസരിച്ച് അങ്ങോട്ടും തരും ഇങ്ങോട്ടും തരി ഇതാണ് ഇതിൻ്റെ ദോഷങ്ങൾ അപ്പോൾ വന്നു കാലം അങ്ങനെ ആ കാലത്തിന്റെ വിശേഷത അതായത് അതുകൊണ്ടാണ് ഇതെല്ലാം അതുകൊണ്ട് അതൊന്നും അതുപോലെ മുന്നോട്ടെടുക്കാൻ പറ്റിയില്ല ഒരു കഥ എന്നുള്ള ആലയ്ക്ക് നമുക്ക് വായിച്ച് രസിക്കാൻ കൊണ്ടാം അപ്പോ ഈ കഥ എന്നുള്ള ആലിക്ക് നമ്മള് രസിക്കുക എന്ന് പറയുന്നത് അതിന്റെ സംഭവ പരമ്പരകളിലാണ് രസിക്കുന്നത് അത് വളരെ രസകരമാണ് സിനിമയാക്കാൻ കൊള്ളാ പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ചെന്ന് അതിൽ വരുന്ന ഓരോ ആശയങ്ങളെടുത്തു കഴിഞ്ഞാണ് എല്ലായിടത്തും നമുക്ക് രസിക്കാൻ പറ്റത്തില്ല രസിക്കാൻ പറ്റിയ ഭാഗങ്ങളിൽ രസിക്കാൻ പറ്റാത്ത ഭാഗങ്ങളും മഹത്വമുള്ള ഭാഗങ്ങളും മഹത്വില്ലാത്ത ഭാഗങ്ങളും രണ്ടുമുണ്ട് അതാണ് അവിടെ പ്രശ്നം അപ്പോ ഒരാൾ എന്തെടുക്കും എന്നുള്ളതാണ് അപ്പൊ നന്മയുള്ളവൻ നന്മയുള്ളവൻ നന്മയെടുത്തു കഴിഞ്ഞാൽ നന്മ ഉള്ളരും തിന്മയുള്ളവനാണെങ്കിൽ എന്തെടുക്കും തിന്മയെടുക്കും അപ്പൊ തിന്മയും വിളരും ഇതാണ് എൻ്റെ പ്രശ്നം ബന്ധമായി എൻ്റെ പറയു പോകുന്നത് ശരിയല്ലെന്നാൽ ഞാൻ പറഞ്ഞു കുറച്ച് വിവേചന ബുദ്ധിയോടുകൂടി ഇതിനെ സമയം ഇവിടെ പറയൂ തദീക്ഷണക്ഷണേ സ്ഥാനേ രഥസ്ഥാപയച്ചോദയത് ഇവിടെ എന്താണ് സർവപ്രശാസിത നിയോജ്യോ അഭവത് അച്ഛൻ ഈശ്വരൻ സർവത്തെ നിയമനം ചെയ്തവനാണ് സർവത്തെയും നിയമനം ചെയ്യുന്നവനെ ശ്വാസത്തിൽ വിധിക്കുന്നു എന്താണ് സ്ഥാപയ ആ രഥത്തെ അങ്ങോട്ട് മാറ്റി വളർത്തുക ഇതൊരു വലിയ ആച്ചരിയാണല്ലോ എന്താണ് ആച്ചര്യം സർവത്തേ നിയമനം ചെയ്യുന്നവൻ സ്വയം ഒരു വിധിക്ക് വിധേയനാണ് ഇതൊരു ആശ്ചര്യമാണ് നിരീക്ഷേഹം യുവ സ്ഥിതാ കൈമയാത്ര സമാഗതരാഷ്ട്രസു ദുർബി യുദ്ധിതേക്ഷമുക്തേ സുദാസിനെ സ്ഥാപിക്ക വിഷമദ്രോണ പ്രമുഖത്തേ അഹേക്ഷിതാ സമയം തശിതാ പാർത്ഥ വിതരഞ്ജന മാതൃമാൻ ഭൂതാൻ സമീസമുന്ദ സമൈച് സമുദായ സർവസ്ഥിത കൃപയാഷ്ണോ ശീലനു ഭാഷത്തിൽ പറയുന്നു സജതേന ചോദിത തക്ഷണാല വിഷ്ണുദ്രോണാല സർവേഷ മഹീക്ഷിതാം പശ്യതാം യഥാചോദ്യം പറഞ്ഞു ഇങ്ങനെ വിധിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആജ്ഞാപിച്ചപ്പോ അത് വിധി ആജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് കാരണം വിധി നിമന്ത്രണം ആമന്ത്രണാധീഷ സന്ദർശന പ്രാർത്ഥനേഷു നിങ്ങോട്ടിച്ച സ്ഥാപയ എന്ന് വിധിയാണ് ശരി വിധിക്കുകയാണ് ഈ കഴിഞ്ഞപ്പോ കൃഷ്ണൻ അർജുനനാൽ വിധിക്കപ്പെട്ടു എന്നാണ് അല്ലെങ്കിൽ തക്ഷണാദി ഉടനല്ലേ വിഷ്മദ്രോണാധി ആ സർവേഷം എല്ലാവരും നോക്കിയു സംഭവം രഹസ്യമായിട്ടുണ്ട് വിഷ്മദ്രോണാദികളെല്ലാം ഇതിനെല്ലാം സാക്ഷിയാണ് യഥാചോദ്യമോ എന്ത് പിരിച്ചോ അതനുഷ്ഠിച്ചു ഭഗവാൻ കൂടെ എന്താണ് ഒരു രഥകാരനായിത്തരും പ്രവർത്തിച്ചി ഭൗതീയാ നാം വിജയസ്ഥിതിനിധി അവർ ചെറിയ ശ്രീ അപ്പൊ അവിടെ ഇങ്ങനെ പറയാൻ കാരണം പറയുന്നു യാവീക്ഷേകം യോദ്ധുകാമാണ് യോദ്ധവ്യം രണ്ടു കാര്യങ്ങൾ പറയും യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഞാൻ ആരോടാണ് യുദ്ധം ആ കാര്യത്തെക്കുറിച്ച് പറയുക അപ്പൊ അവിടെ ഇതൊക്കെയാണ് ഈ യുദ്ധത്തിന്റെ അവസ്ഥ എന്നുകടിയും അർജുനൻ പറയുകയാണ് അതായത് നമ്മൾ പറഞ്ഞു വിജയ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തേണ്ടവരെ കുറിച്ച് അവിടെ പരാമർശിക്കുകയാണ് അതാണ് അതിന് വിജയസ്ഥിതി എന്ന് പറഞ്ഞത് ഇവരെയൊക്കെയാണ് ഞാൻ തോൽപ്പിക്കേണ്ടത് ആരെയൊക്കെയാണ് തോൽപ്പിക്കേണ്ടത് യുദ്ധം ചെയ്യാന്ന് പറയുന്നത് കളിക്കാനല്ല അവരെ തോൽപ്പിക്കാനില്ല അപ്പൊ തന്റെ വിജയസ്ഥിതി അതിനാണ് കൂടെ പറഞ്ഞത് ഭാഷ ഭൗതിക നാം വിജയസ്ഥിതി അവരൊരു ധാർത്തരാഷ്ട്ര കർമ്മകൾ വിജയി ധാർത്തരാഷ്ട്രന്മാരോട് യുദ്ധം ചെയ്ത് അവരെ വിജയിക്കുക എന്നുള്ള കാര്യം അല്ല അർജുന വെറുതെ എവിടെയൊക്കെ പറയുന്നതിന് താല്പര്യം എന്നാണ് അർജുനന്ന് ഇവിടെ ഭയമോ പരാജയമോ ഇല്ലാതെ കാണുക എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാനേ ഇല്ല അർജുനന് യാതൊരു തരത്തിലുള്ള മാനസിക വിക്ഷേപയില്ല എന്നാണ് ഈ വ്യാഖ്യാനിച്ചുകൊണ്ടത് ഇത് ഒരു പെട്ടെന്ന് നിമിഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് മുമ്പ് അർജുന അങ്ങനെയൊന്നും അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പറയുന്നത് പക്ഷെ പെട്ടെന്ന് അർജുനന്റെ സ്ഥിതി എന്ന് മാറും എന്നുള്ള മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ല സ്ഥലത്ത് മുമ്പ് ഇവരോടൊക്കെ ഏറ്റവും കൂട്ടിയാളാണ് ഒരു മാറ്റം സംഭവിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെ മാറ്റം സംഭവിച്ചതുകൊണ്ടാണ് അവിടെ ഒരു ഉപദേശം ആവശ്യമായി വന്നത് അതിനനുസരിച്ച്